എന്റെ രക്ഷിതാവെ തീർച്ചയായും അവർ ധാരാളം മനുഷ്യരെ വഴിതെറ്റിച്ചിരിക്കുന്നു അതിനാൽ ആരെങ്കിലും എന്നെ പിന്തുടരുകയാണെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനാണ് എന്നാൽ ആരെങ്കിലും എന്നെ ധിഖരിക്കുകയാണെങ്കിൽ തീർച്ചയായും നീ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്